shanti shanti shanti ye tanmay varayai sarve sidhi surye namaha amisha sharanam aham sanjaya namaha Please, mm Pih -hmm. mm -hmm. mm -hmm. ഷ്രഹ്മിധ്യം പ്രഥമുവാദം മിത്രം സംത്രിയമാ ശംന ഇന്ദ്രോ ബൃഹസ്പതിഷുരുക്കമ നമോ ബ്രഹ്മണേ നമസ്തേ വായു ത്യക്ഷം ബ്രഹ്മാസിമേ പ്രത്യക്ഷം ബ്രഹ്മ വധിഷ്യ വൃത്തം വതിഷ്യമി സത്യം വദിഷ്യമി തന്മാമവു തന്വക്രമവു അവതു മാം അതു വക്തം സഹനാവവു സഹനോ ഭ സഹ തേജസ്വിനധീതമസ്തു മാ വിദ്യുഷാവഹ സന്ധി സന്ധി സന്ധി ഓം ബ്രഹ്മവിതാണോതി പരം തദ്ദേശാഭ്യുക്ത സത്യം ജാനം അനന്തം ബ്രഹ്മ േദം നിഹിം ഗുഹാ പരമേ വ്യോമൻ സോസ്വാൻ കാസുസ്ഥിത്തെതിമാത്മന ആകസംഭൂത ആകു യോരഗ്നി അഗ്നിരാപ്പി പൃഥി ഓഷധ ഓഷധീഭ്യോ അന്നപുരുഷപുരുഷോ അന്നരസമയമേ ശിര അയം ദക്ഷിണപക്ഷ യുത്തരം പക്ഷം ബുദ്ധം പ്രതിഷ്ഠ തലോകോഭവ ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഭാഷകാലം പറയാണ് ഈ വാക്യം ബ്രഹ്മവിധാപ്നോദിപരം എന്ന് പറയുന്ന ഈ വാക്യം സൂത്രഭൂതം ഇത് സൂത്രരൂപത്തിലുള്ള വളരെ വിപുലമായ അർത്ഥമുള്ളതാണ് വളരെ ദഹനമായ അർത്ഥമുള്ളതാണ് സൂത്രം സർവസ് വല്യ സർവ വല്യ അർത്ഥത്തിനും ഇത് സാരമായിട്ടുള്ളതാണ് എന്തുകൊണ്ട് പറയുന്നു ബ്രഹ്മവിത്ത് ആപ്നോദി പരമിത്യനേന വാച്യേന ведेदय वच्येन वेदेदय सूत्रदस्य ब्रह्मनो अनरद्धारित सर्वविशेषस्य सर्वतो व्यावृत्त स्वरूप विशेष समर्थना समर्थस्य लच्छनस्य अभिधायनेन स्वरूप निर्धारनाय അനന്യൂപ്ദ്യാപ്തിലക്ഷണത്മഭാവസംർമാതീ ബ്രഹ്മസ്വരുപത് അന്യത് പ്രദർശന ഉദാഹ്രിയെ ഈ മന്ത്രം അതെന്തിനു വേണ്ടിയിട്ടാണോ എന്ന് പറയുന്നു തുടങ്ങുന്നത് പരം അതിൽ ആനോദി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മവിത്ത് ആരാണ് അതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പ്രാപിക്കുക എന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് നിന്ന് വേരസ്ഥലത്ത് പോയി പ്രാപിക്കുന്നതുപോലെ ഗമനക്രിയയിലൂടെ പ്രാപിക്കുന്നതുപോലല്ല ഇവിടെ പ്രാപിക്കൽ എന്ന് പറയുന്നത് ബ്രഹ്മവിദ് അതാണെങ്കിൽ ഇത് പലതരത്തിൽ അവതരിപ്പിക്കുന്നു അതെന്തിനാണോ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞു ബ്രഹ്മത്തെ അറിയുന്നവൻ അവിടെ തന്നെ ബ്രഹ്മത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും പറയുന്നു വീണ്ടും സത്യജ്ഞാനം അനന്തം എന്നിങ്ങനെ വീണ്ടും വിശദീകരിക്കുന്നു ബ്രഹ്മജ്ഞാനം അത്രയല്ലേ ഉള്ളൂ ബ്രഹ്മത്തെ അറിയുക ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി സത്യം ജ്ഞാനം അനന്തം ഇതെല്ലാം എന്തിനാ അറിയുന്നത് ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ അറിയാമല്ലോ എന്നാണ് ബൃഹത്വാ ബ്രഹ്മ ആ ശബ്ദം കൊണ്ട് തന്നെ എന്താണ് ബ്രഹ്മം എന്നറിയാം അതിനെ മറ്റ് ശബ്ദങ്ങളെ കൊണ്ട് എന്തിനു വിശേഷിപ്പിക്കും ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾക്ക് അടുത്ത് പറയുന്നത് ോദി പരമിത്യന വാക്യ ഈ വാക്യത്തിലൂടെ വേദ്യതയാസൂത്രദം അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി വേദ്യമായിരിക്കുന്നത് അറിയേണ്ടതായിരിക്കുന്നത് ബ്രഹ്മമാണ് അറിയാത്തതാണ് തകരാറ് അറിയേണ്ടത് അതിനെ തന്നെയാണ് എന്നവിടെ നിർദ്ദേശിച്ചു സൂത്രിതമായി നിർദ്ദേശിച്ചു ശ്രുതി തന്നെ നിർദ്ദേശിച്ചു അതിനെയാണ് പരവുമായി അറിയേണ്ടത് പക്ഷേ അങ്ങനെയുള്ള ബ്രഹ്മണ അവിടെ ബ്രഹ്മം ഒരു ശബ്ദം കൊണ്ട് പറഞ്ഞതേയുള്ളൂ ശബ്ദത്തിൽ നിന്നും അർത്ഥ പോകുന്നുണ്ടാകുന്നുണ്ട് ബൃഹത്ത് മഹത്ത് പക്ഷെ അനിർദ്ധാരിത സ്വരൂപ വിശേഷിച്ച് എന്താണ് അതിന്റെ സ്വരൂപം മഹത്വം ബൃഹത്വം എന്ന് പറയുന്നുകൊണ്ട് മാത്രം അതിന്റെ സ്വരൂപത്തെ നിർണ്ണയിക്കാൻ കഴിയുന്നില്ല മഹത്തായി അറിയണം ബൃഹത്തായി ഒന്നിനെ അറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരൂപത്തെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല ആ നിർദ്ധാരിത സ്വരൂപസ്വരൂപവിശേഷസ്യം അതിന്റെ സ്വരൂപം എന്താണെന്ന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല ശ്രോതാവിനും അതുകൊണ്ട് അതിനൊരു ലക്ഷണത്തെ പറയുന്നുണ്ട് സർവതോ വ്യാപൃത്ത സ്വരൂപ വിശേഷ സമർപ്പണ സമർത്ഥസ്യ ലക്ഷണ അത് അങ്ങനെയൊരു ലക്ഷണം പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ മനസ്സ് ഉയങ്ങും ബ്രഹ്മത്തെ അനുഷ് ബൃഹത്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹത്തായ പലതുകൊണ്ട് ആകാശം ബൃഹത്താണ് അതാണോ മനസ്സ് ബൃഹത്താണ് അതാണോ മഹാഭൂതങ്ങൾ അതെല്ലാം ബൃഹത്താണ് പല തത്വങ്ങളുണ്ട് ബൃഹത്തായിട്ട് അപ്പോ ഇവിടെ തന്നെ പറയും അഭ്യാകൃതം ശ്രുതി പറയും അത് ബൃഹത്താണ് ഇതെല്ലാണോ ബ്രഹ്മം എന്നുള്ള സംശയം ഉണ്ടാവും പ്രത്യേകിച്ചും ഈ ശബ്ദങ്ങളൊക്കെ വേദ അധ്യയനം ചെയ്ത് പരിചയമുള്ള ഒരാളിന് സംശയമുണ്ടാവും കാരണം ഇവിടെ ഇന്നതാണ് നമ്മുടെ നിർദ്ധാരണം ചെയ്ത് നിർദ്ധാരണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണോ പലതിൽ നിന്നും ഒന്നിനെ വേട്തിരിച്ചെടുത്ത് പറയുക അവിടെ പലതിനും നിഷേധിച്ചിട്ട് ആണെന്നൊരു ഉദാഹരണം പറയുന്നത് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന പാണ്ഡവാനാം ധനുർദ്ധര പാണ്ഡവന്മാരിൽ ധനുർദ്ധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എന്താണത് ഭീമനല്ല ധർമ്മപുത്ര നവലനല്ല സഹദേവനല്ല പേര് പറയേണ്ട കാര്യമില്ല അർജുനൻ എന്ന് പറയാതെ തന്നെ മനസ്സിലാവും അത് അർജുനനാണ് എന്ത് ചെയ്യുന്നു ഇവിടെ നിർദ്ധാരണം ചെയ്യുന്നു പാണ്ഡവാനം ധനുധര എന്നുള്ള പ്രയോഗത്തിലൂടെ നിർദ്ധാരണം ചെയ്യും അതിന്ന വ്യക്തിയാണ് അതുപോലെ മറ്റ് പലതിൽ നിന്നും വേർതിരിക്കും പാണ്ഡവന്മാരിൽ നാലു പേരിൽ നിന്നും ഒരാളെ വേർതിരിക്കും അതുപോലെ ഇവിടെ മഹത്തായി ബൃഹത്തായി ുള്ളത് അതല്ലാതെ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം ഈ തത്വത്തെ വേർതിരിച്ച് ബോധിപ്പിക്കും അതാണ് സർവ്വതോ വ്യാവൃത്ത സ്വരൂപ വിശേഷണ സമർപ്പണ സമർത്ഥ ആ വിശേഷണങ്ങളെല്ലാം ഇവിടെ എന്താണ് വിശേഷണം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുക വിശേഷണങ്ങളെല്ലാം സത്യം അസത്യത്തിൽ നിന്നോ ജ്ഞാനം അജ്ഞാനത്തിൽ നിന്നോ അനന്തം പരിച്ഛിന്നത്തിൽ നിന്ന് എല്ലാം ഇതിനെ വ്യാപർത്തിപ്പിക്കുന്നു വേർതിരിപ്പിക്കുന്നു വ്യാപൃത്ത സ്വരൂപ വിശേഷ സമർപ്പണ സമർത്ഥ അങ്ങനെ വ്യാവൃത്തമായ ഒരു വിശേഷ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് സമൃദ്ധമായ ലക്ഷണം എന്നാണ് പറയുന്നത് ബൃഹത്വം മഹത്തുമായി പലതുമുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തതിൽ നിന്നെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രത്യേകത ഒരു സ്വരൂപ വിശേഷം അതിനെ സമർപ്പിക്കുക എന്നിട്ടതിനെ ബോധിപ്പിക്കുക അതിന് സമൃദ്ധമായ യോഗ്യമായ ലക്ഷണം അതാണ് ഇവിടെ പറയുന്ന സത്യം ജ്ഞാനം അനന്തം അഭിതാനേന അതിനവിടെ നിർദ്ദേശിക്കുന്നു സ്വരൂപനിർദ്ധാരണ അങ്ങനെ എന്ത് ചെയ്യുന്നു ആ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നു ഇന്നതാണ് ഇതിന്റെ സ്വരൂപം ധനബ്രഹ്മം എന്ന് കേട്ടതുകൊണ്ടൊരാൾക്ക് അതിന്റെ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യാൻ കഴിയത്തില്ല മഹത്വ ബൃഹത്തായ ഒന്ന് എന്ന് മാത്രമേ അറിയാൻ കഴിയൂ വേറെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈ നാനാത്വബോധത്തിൽ അതിനെല്ലാം നിരാകരിച്ചിട്ട് ്രഹ്മബോധത്തിൽ ഉറപ്പിക്കാൻ ലക്ഷണങ്ങളെ കൊണ്ടേ സാധ്യമാകും അവിശേഷണച ഉത്ത വേദനസി ബ്രഹ്മണഹോ മുമ്പ് ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞു ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ അത് സത്യമാണ് ജ്ഞാനമാണ് ആനന്ദമാണ് ഇങ്ങനെ പറയുന്നില്ല അവിശേഷേണ ഉക്തവേദനസി ബ്രഹ്മൻ അതുകൊണ്ടത് ബ്രഹ്മജ്ഞാനാകത്തല്ല എന്തുകൊണ്ടവിടെ സാമാന്യമായി പറഞ്ഞു വക്ഷിമാണ ലക്ഷണസി വിശേഷേണ പ്രത്യേകതാത്മയതയ അനന്യരൂപേണ വിജ്ഞേത്വമായ അപ്പൊ ഇവിടെ ബ്രഹ്മത്തെ ശ്രുതി ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ മഹത്തായ ഒന്നും വളരെ ബൃഹത്തായൊന്നും ശ്രേഷ്ഠമായോന്നു ഇങ്ങനെയൊന്നുമല്ല അത് ബ്രഹ്മത്തേ അല്ല ഒന്നിനെയും അങ്ങനെ ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഒന്നിനെ മഹത്താണ് ശ്രേഷ്ഠമാണ് വലുതാണ് ക്ഷേമമാണെന്നൊക്കെ ധരിച്ചിട്ടെന്താ പ്രയോജനം ഇവിടെ പ്രയോജനം എന്താണോ സംസാരം നിവൃത്തിയാണ് ആ സംസാരം നിവൃത്തിയാകുന്ന പ്രയോജനത്തിന് ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് വളരെ മഹത്താണ് ശ്രേഷ്ഠമാണ് ബൃഹത്താണെന്നൊക്കെ ധരിച്ചാൽ എങ്ങനെയാണ് സംഭവിക്കും അത് നമ്മൾ സാധാരണ സ്തുതിക്കുന്നത് പോലെയുള്ളൂ നമ്മൾ ദേവനെ സ്തുതിക്കുന്നു ദേവിയെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ ഈശ്വരനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നതുകൊണ്ട് തത്വത്തെ ഗ്രഹിക്കണമെന്നില്ല തത്വത്തെ ഗ്രഹിക്കാറ് പിന്നെന്താണ് അങ്ങനെ ഒന്നുണ്ട് അത് മഹത്താണ് ശ്രേഷ്ഠമാണ് എന്നെല്ലാം മനസ്സിലാക്കും പക്ഷെ സംസാരം നിവൃത്തി തന്നെ സംഭവിക്കണം അതിനാണ് ഈ ജ്ഞാനം എന്നാണ് പറയുന്നത് അപ്പോൾ അത് ബ്രഹ്മം മഹത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സാധ്യമാകത്തില്ല അതുകൊണ്ടുതന്നെയെന്നു ഇവിടെ ലക്ഷണങ്ങൾ പറയുന്നു സത്യം ജ്ഞാനം അനന്തം എന്ന ലക്ഷണം പറയുന്നു ഭക്ഷ്യമാണ് ലക്ഷണസ്യ ആ ലക്ഷണത്തിലൂടെ എങ്ങനെ ഇത് ബോധിക്കുന്നു ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് സാമാന്യമായി ബോധിച്ചതിന് വിശേഷമായി ബോധിക്കുന്നു നേരത്തെ പറഞ്ഞു അവിശേഷമായി അവിശേഷമായി ബോധിച്ചതിന് വിശേഷമായി ബോധിപ്പിക്കുന്നു അപ്പൊ അവിശേഷമായി ബോധിക്കുന്ന ഒന്നിനും വിശേഷമായി ബോധിക്കുന്നെങ്ങനെ പട്ടികാരണതയാ അത് താനായിട്ട് ബോധിക്കണം എന്നാണ് അല്ലാതെ ബ്രഹ്മം കേവമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതും ബ്രഹ്മജ്ഞാനം തന്നെ പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നിഷ്പ്രയോജനമായ ബ്രഹ്മജ്ഞ അകപ്പെട്ടിരിക്കുന്ന ആരാണ് താൻ അപ്പൊ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് എനിക്ക് സംസാരത്തിൽ നിന്ന് മോചിക്കാൻ പറ്റത്തില്ല അതാണ് സാധാരണ സംഭവിക്കുന്നത് നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ലോകത്തിലുള്ള മറ്റ് വസ്തുക്കൾ മനസ്സിലാക്കുന്നതുപോലെ ബ്രഹ്മത്തെയും ഷയമാക്കി മനസ്സിലാക്കും ഒരു ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ എന്ത് വരും എങ്ങനെ മനസ്സിലാക്കും അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാണ് അതിലാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത് അതിലാണ് ത്രിമൂർത്തികളെല്ലാം അതിൻ്റെ തന്നെ ഭാവങ്ങളാണ് അതിൽ നിന്നാണ് കാര്യബ്രഹ്മം പ്രകടമാകുന്നത് അതിൻ്റെ ശക്തി പ്രപഞ്ചം നിലനിൽക്കുന്നത് നശിക്കുന്നത് ഉണ്ടാകുന്നത് ഇങ്ങനെ നാനാരൂപത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാം അങ്ങനെ കുറച്ചുകൂടി അങ്ങനെ മനസ്സിലാക്കിയാൽ എന്താണത് സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണ് എന്നും മനസ്സിലാക്കാം ഇനി ഇതോ ഇനി ഇതിൽ കൂടുതലായിട്ടോ എന്തെല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലും അതെല്ലാം ബ്രഹ്മത്തെക്കുറിച്ചുള്ള സാമാന്യജ്ഞാന അവിശേഷ പക്ഷെ അത് സംസാരം എന്ന് പറയും ഉതകുന്നു എന്തുകൊണ്ട് ബ്രഹ്മം നമ്മളെ സംബന്ധിച്ചൊരു വിഷയമാണ് ആ വിഷയത്തെ നമ്മൾ അറിയുന്നു ആ അറിവ് ആ ബ്രഹ്മത്തെ അന്യമാക്കുന്നു കാരണം അതൊരന്യമായ വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യുന്നു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠന വിഷയമാണ് ഗവേഷണ വിഷയമാണ് ഒരു പഠനവും ഒരു ഗവേഷണവും കൊണ്ട് സംസാരം നിവൃത്തി ഉണ്ടാകത്തില്ല അതിനുവേണ്ടി ഇവിടെ ഭാഷകാരം പറയുന്നത് എന്താണോ അതിന്റെ വിശേഷരൂപത്തിലുള്ള ജ്ഞാനം വേണം എന്താണോ പ്രത്യേകാത്മതയാ സ്വസ്വരൂപമായി അതിനെ ഗ്രഹിക്കണം അല്ലാതെ ബ്രഹ്മത്തെ എത്ര വർണ്ണിച്ച് വിശേഷിച്ച് സ്തുതിച്ച് ഗ്രഹിച്ചാലും അത് നിഷ്പ്രയോജന സംസാരം നിവൃത്തി എന്ന് പറയുന്ന ഫലം ഉണ്ടാകുന്നില്ല അതിനോ അനന്യരൂപേണ സ്വാത്മരൂപത്തിൽ ആണ് അതിനെ ഗ്രഹിക്കേണ്ടത് ആ അനന്യരൂപത്തിൽ അല്ലെങ്കിൽ പ്രത്യേകാത്മരൂപത്തിൽ മനസ്സ് അതിനെ ഗ്രഹിക്കുന്നില്ല അത് പ്രത്യകാത്മമായിട്ടും മനസ്സിന്റെ സ്വഭാവം എന്താണോ എന്തിനേയും ബഹിർമുഖമായി ഗ്രഹിക്കുക എന്ത് വിഷയത്തെയും അതിനെ ബഹിർമുഖമാക്കുക അതാണ് മനസ്സിന്റെ സ്വഭാവം അത് അന്തർമുഖമായിരിക്കുന്ന ആത്മാവിനെയും അത് ചിന്തിച്ചന്തെയും ബഹിർമുഖമാക്കും പ്രത്യേകാത്മരൂപത്തിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല മറിച്ച് അതുപോലെ തന്നെ അന്യമായും ഗ്രഹിക്കും ചിന്തക്ക് വിഷയമാകുന്നതല്ല അന്യമാണ് ചിന്തിക്കുന്നവൻ ചിന്തയുടെ വിഷയം ചിന്ത മൂന്നും വരുന്നു അപ്പൊ അന്യരൂപത്തിലും ഗ്രഹിക്കുന്നു അനന്യരൂപത്തിൽ ഗ്രഹിക്കുന്നില്ല വിജ്ഞേയത്വ അതാണിവിടെ ബ്രഹ്മജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ബ്രഹ്മത്തെ അനന്യമായി ഗ്രഹിക്കുക അഖമുഖമായി ഗ്രഹിക്കുക അന്തർമുഖമായി ഗ്രഹിക്കുക അതിനൊരു വിഷയമായി ഗ്രഹിക്കാതിരിക്കുക അതിന് കേവല തത്വമായി ഗ്രഹിക്കാതിരിക്കുക മറ്റ് ദാർശനികന്മാരല്ല ചില പറയുന്നു ഇരുപത്തിനാല് തത്വം ചില പറയും പതിനാല് തത്വം പതിനാറ് തത്വം ഏഴ് തത്വം ഓരോ ദർശനങ്ങളിലും തത്വജ്ഞാനമുണ്ട് പല തത്വങ്ങളെ കുറിച്ച് ഗ്രഹിക്കുന്നു ആ പല തത്വങ്ങളിൽ ഒന്നായി ആത്മാവിനെ ഗ്രഹിക്കുന്നു ആരും തന്നെ അതിനെ അനന്യരൂപത്തിൽ പ്രത്യേകാത്മാവായി ഗ്രഹിക്കണമെന്ന് പറയുന്നു പ്രത്യേകാത്മാവാണെന്ന് ചില സ്ഥലത്ത് പറയും പ്രത്യേക സ്വരൂപമാണ് എന്നാലും അതിനെ അനന്യഭാവത്തിൽ ഗ്രഹിക്കുന്നില്ല അനന്യഭാവം എന്ന് എന്തുകൊണ്ട് പറയുന്നു അതൊരു മഹത്തായ തത്വമാണ് ശിഷ്യസ്ഥിതി സംഹാര കാരണമാണെന്നെല്ലാം പറയുമ്പോൾ അതിന്റെ മഹത്വത്തൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ അനന്യഭാവം വരുന്നില്ല അത് തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല അനന്യമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല അതിവിടെ അദ്വൈതി മാത്രമേ പറയുന്നുള്ളൂ ഈശ്വരൻ സ്വസ്വരൂപം വേറെ അങ്ങനെയാണ് സർവ്വത്ര ബോധിപ്പിക്കുന്നത് എന്നെ അങ്ങനെയല്ല സത്യം ജ്ഞാനം അനന്തം എന്നുള്ള ഈ വിശേഷണങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും തന്നൽ നിന്നും അന്യമാകാൻ സാധ്യതയില്ല അതിവിശേഷങ്ങളിലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അനന്തമായിരിക്കുന്ന ഒന്നിന് മാത്രമേ താനും സർവവുമായിരിക്കാൻ പറ്റൂ പരിച്ഛിന്നമാണെങ്കിൽ താൻ വേറെ താൻ അറിയുന്ന മഹത്തായ ബ്രഹ്മം വേറെ അങ്ങനെ വരും ഈ ലക്ഷണങ്ങളെല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മജ്ഞാനം അത് സ്വസ്വരൂപജ്ഞാനമാണ് ബ്രഹ്മത്തെ ബ്രഹ്മെന്ന് പറയുന്ന ഒരു വസ്തുവിനെ സ്വസ്വരൂപമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വസ്വരൂപജ്ഞാനമാണ് രണ്ടെണ്ണത്തിന് ഒന്നായി ഗ്രഹിക്കുകയല്ല അവിടെ ഒരു തരത്തിലുള്ള ഭേദത്തെ സ്വീകരിക്കുന്നില്ല അതാണ് ശരിയായ ജ്ഞാനം വിജ്ഞാനം വിജ്ഞയം ഇതിനാണ് അപരോക്ഷ ജ്ഞാനവും പറയുന്നത് ബാക്കിയുള്ള ജ്ഞാനങ്ങള പരോക്ഷമാണ് അപരോക്ഷത എന്ന് പറയുന്നത് തന്നിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ അനന്യതയിലേ സംഭവിക്കത്തുള്ളൂ പ്രത്യേകിച്ച് രൂപത്തിലെ അപരോക്ഷത സംഭവിക്കത്തുള്ളൂ ബാക്കിയുടെ സർവജ്ഞാനത്തിനും പരോക്ഷത സംഭവിക്കുന്നതുകൊണ്ട് അത് അന്യമായി പോകുന്നു അതാണ് അപരോക്ഷം പരോക്ഷം എന്ന് പറയുന്നതിന്റെ മുഖ്യമായ വ്യത്യാസം അന്യമായി ഏതൊന്നിനെ അറിയുന്നു അതെല്ലാം പരോക്ഷം മനസ്സുകൊണ്ടറിയുന്നു അത് ബ്രഹ്മമായാലും ശരി അത് പരോക്ഷജ്ഞാനമാവും നമ്മൾ ബ്രഹ്മത്തെ അറിയുന്നത് വളരെ മഹത്തായ ഒന്ന് പരോക്ഷമാണ് എന്തുകൊണ്ട് അങ്ങനെ അറിയുമ്പോൾ അവനത് അറിയുന്നില്ല അത് താൻ തന്നെയാണ് എന്നറിയുന്നില്ല അതുകൊണ്ടാണ് പരാതി പറയുന്നത് ഞാൻ ബ്രഹ്മജ്ഞാനിയല്ല ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നു അത് കിട്ടുന്നില്ല കിട്ടിയിട്ടും അത് കൈവിട്ടു ഈ പരാതി പറയുന്നില്ല എന്തുകൊണ്ട് പരോക്ഷമായ ജ്ഞാനത്തെ അന്യമായ ജ്ഞാനത്തെക്കുറിച്ചാണ് കാരണം അങ്ങനെയാണ് അതിനെ ധരിക്കുന്നത് മഹത്താണ് ശ്രേഷ്ഠമാണ് പ്രപഞ്ചകാരണമാണ് ഇനി വിശേഷങ്ങളോടുകൂടി ധരിച്ചാൽ ശരി സച്ചിദാനന്ദമാണ് സത്യജ്ഞാന അനന്തമാണ് എന്തെല്ലാം ധരിച്ചു കഴിഞ്ഞാലും ശരി അവിടെയെല്ലാം അന്യഭാവത്തിൽ പരോക്ഷഭാവത്തിലെ ഗ്രഹിക്കുന്നു വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അനന്യഭാവത്തിൽ ഗ്രഹിക്കുന്നത് അപരോക്ഷഭാവത്തിൽ ഗ്രഹിക്കുന്നു അത് താൻ തന്നെയാണ് സച്ചിദാനന്ദ രൂപത്തിലിരിക്കുന്ന ബ്രഹ്മൻ താനാണ് അവിടെയാണ് സാധാരണ ആൾക്കാർ പറയുന്നത് അതൊരു അസംബന്ധമാണല്ലോ ഈശ്വരൻ താനാണെന്ന് പറയുക അതങ്ങനെ ശരിയാവും അധ്വീതിയെ ചോദ്യം ചെയ്യുന്ന എല്ലാവരും അവിടെയാണ് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരനും താനാണെന്ന് പറയുക അഹന്തയല്ലേ അഹങ്കാരങ്ങനെ യോജിക്കും അത് ശരിയാണ് അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അത് യോജിക്കത്തില്ല കാരണം എന്തുകൊണ്ട് താനെന്ത് ധരിച്ചിരിക്കുന്ന ശരീരം മനോ ബുദ്ധി സംഘാതം ഈ സംഘാതം എന്തായാലും അതാകാൻ വഴിയില്ല അത് ബ്രഹ്മമാകാൻ വഴിയിട്ട അതല്ലാന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ട് ഇതിന്റെ പരിച്ഛിന്നത ഇതിന്റെ ജഡത്വം ഇതിന്റെ പരാധീനതയെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ജഡസസംഘാതത്തെ എനിക്ക് ബ്രഹ്മമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അനുഭവം തന്നെ പക്ഷേ തന്റെ പ്രത്യേകിച്ച് സ്വരൂപം ഒത്തിയാണ് പറയുന്നത് ഇതിനെ ംസമയമായ പിഡത്തെയോ അല്ലെങ്കിൽ പ്രാണമയമായോ മനോമയമായോ പിഡത്തെയല്ല പറയുന്നു അതുകൊണ്ടാണ് ഭാഷ അനുഭവിച്ച പ്രത്യേകം ഇപ്പൊ ഒരു ജീവന്റെ അഹംബോധം ഏതൊന്നിലാണോ ഊന്നി നിൽക്കുന്നത് ഈ ശരീരം അല്ലെങ്കിൽ മനസ്സ് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സംഘാതം ഇതിനെയല്ല അതിനെ സൂചിപ്പിക്കാനുള്ള പ്രത്യേകം എന്ന് പറയുന്നത് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നു ഒന്ന് ഇതിനധിഷ്ഠാനമായിരിക്കുന്ന ഒന്ന് അതാണ് പ്രത്യേകം അതിനോടനന്യം ഒന്ന് ധരിക്കുക അതാണ് താൻ അത് അപരോക്ഷമായ അതാണ് വിജ്ഞാനം ആപരോക്ഷ വിജ്ഞാനത്തിൽ എന്താണ് അത് ഫലം ചെയ്യുന്നതാണ് ബ്രഹ്മവിദ്യാഫലം ബ്രഹ്മവിദോ യത് പരബ്രഹ്മപ്രാപ്തി ലക്ഷണമുക്തം അതാദ്യമേ പറഞ്ഞു പിരമവിതാപനോദിപ്പരം ലക്ഷണം പറയുന്നു പറം പറഞ്ഞല്ലോ പ്രയോജനത്തെക്കുറിച്ച് പറയുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ മാർഗത്തെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്നത് കാരണം ആദ്യം മാർഗത്തെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞാൽ ക്ഷമുണ്ടാകത്തില്ല ഫലത്തെ ആദ്യം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ക്ഷമയുണ്ടാവും അപ്പോൾ ഈ ഫലത്തിനു വേണ്ടി കുറേയൊക്കെ ക്ഷമിക്കാൻ ഒരാൾ തയ്യാറാവും ആദ്യം തന്നെ പറഞ്ഞു ബ്രഹ്മവിധാപരവതി ഇത് പരമപ്രാപ്തിയാണ് ഇതിന്റെ ഫലം അപ്പം ആ പരമപ്രാപ്തിക്കുള്ള പ്രതീക്ഷ ആഗ്രഹം കൊണ്ട് ബാക്കി വരുന്ന ക്ലേശങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറാവും ശ്രവണ മരണനിധ്യാസനങ്ങളെല്ലാം അതിനുവേണ്ടി തയ്യാറാവും ാണ് ബ്രഹ്മവിദ്യ ഫലം ജ ബ്രഹ്മവിദോ യപ്രാപ്തി ലക്ഷണം പരബ്രഹ്മപ്രാപ്തി അത് പറഞ്ഞു അവിടെ ആ പരബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ് അനന്യമായ വിജ്ഞാനമാണ് പൃഥ്വി രൂപത്തിൽ അതിനെ ഗ്രഹിക്കുകയാണ് തന്റെ വാസ്തവ സ്വരൂപത്തിൽ അതിനെ ഗ്രഹിക്കുകയാണ് ശാരീരികമായോ മാനസികമായോ ഭാവത്തിലൊന്നുമല്ല അങ്ങനെ ഒരു അസംബന്ധമല്ല ഇവിടെ അദ്വൈതത്തിൽ പഠിപ്പിക്കുന്നു നീ അതാണോ രാമനോ കൃഷ്ണനോ ഒക്കെ ആയിരിക്കുന്നവൻ ബ്രഹ്മമാണെന്നല്ല പറയുന്നു ഈ പരിച്ഛിന്നമായിരിക്കുന്ന ഈ ജീവഭാവത്തെ അപരിച്ഛിന്നമായിരിക്കുന്ന തത്വം എന്നല്ല പറയുന്നു മറിച്ച് പരവമായ തത്വമാണ് ബൃഹത്തായിരിക്കുന്ന ആ തത്വമാണ് പ്രത്യേക സ്വരൂപമായിരിക്കുന്നത് ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രത്യേക സ്വരൂപമല്ല ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഭാവങ്ങളെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനന്യരൂപത്തിലുള്ള അവരോക്ഷ അനുഭവം അനന്യഭാവം അതിന് അവരോക്ഷ അനുഭവം അതാണ് പരബ്രഹ്മപ്രാപ്തി അതിനാണ് പരബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് അനുഭവം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്താണ് അതിനെ തന്നെയാണെന്ന് പറയുന്നത് സർവാത്മഭാവ സർവാത്മഭാവം എന്ന് പറയുന്നത് അനന്യബോധം സർവസംസാരധർമാതീത ബ്രഹ്മസ്വരൂപത്വമേവ അത് സർവസംസാരധർമ്മ <inaudible> ും ഈ ബ്രഹ്മത്തിലാണ് പ്രകടമായി ജനന മരണാദികളെല്ലാം അതെല്ലാം സർവ സംസാര ധർമ്മ അതീതമായ ബ്രഹ്മത്തിലാണ് ആ ധർമാതീതമായ ബ്രഹ്മസ്വരൂപം അത് തന്നെയാണ് ഇതിന്റെ ഫലം ബ്രഹ്മപ്രാപ്തി അത് തന്നെയാണ് സർവാത്മഭാവം എന്ന് പറയുന്നത് കാരണം ഈ സർവാത്മഭാവം എന്ന് പറയുമ്പോഴും ഈ അനന്യഭാവത്തിൽ നിന്ന് അപ്പുറമായി മറ്റെന്തെങ്കിലും ഉണ്ടോ വേറെ തരത്തിൽ നമുക്ക് സംശയം വരാം എന്താണോ രാമനെയും കൃഷ്ണനെയും ഒക്കെ ഞാനായിട്ട് അറിയുന്നതാണോ സർവാത്മഭാവം അങ്ങനെ അതല്ല സർവാത്മഭാവം എന്ന് പറയുന്നു രാമൻ കൃഷ്ണൻ ഇതെല്ലാം എന്താണ് നാമം കൊണ്ടും വിരൂപം കൊണ്ടും ഒക്കെ വേറെ വേറെ തന്നെയാണ് ഞാൻ നീ എന്ന് പറയുന്ന ഭേദം അത് നാമരൂപങ്ങളിലൂടെ നിലനിൽക്കുന്നു അപ്പൊ നാമരൂപകൃതമായി ഭേദത്തെ അഭേദമാക്കുക എല്ലാം ഉദ്ദേശിക്കുന്നു അത് നാഗത്തില്ല സർവാത്മഭാവത്തിൽ അതൊന്നാക്കുക എന്നുള്ളതല്ല പിന്നെ സർവാത്മഭാവം എന്താണ് ഇവിടെ പറയുന്നു ആ പരബ്രഹ്മ സ്വരൂപം തന്നെ സർവാത്മഭാവം അതെന്താണ് അനന്യഭാവമാണ് ആ തത്വത്തിന്റെ ഏകതയാണ് അനന്യഭാവം എന്താണോ ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന ആ പരമാത്മതത്വം അത് തന്നെയാണ് തനിക്കും കാരണമായിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമല്ല എന്തുകൊണ്ട് ഈ ബൃഹത്തായ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് താൻ അപ്പൊ പ്രപഞ്ചത്തിന് എന്താണോ പരമകാരണമായിരിക്കുന്നത് അതേ കാരണം തന്നെയാണ് താൻ അവിടെയാണ് അനന്യത വരുന്നത് അപ്പൊ തനിക്ക് മറ്റൊരു കാരണം പ്രപഞ്ചത്തിന് മറ്റൊരു കാരണം അങ്ങനെ വരാൻ വഴിയില്ല കാരണം താനും അതിന്റെ ഭാഗമാണ് അതിനാണ് പരമാർത്ഥം വാസ്തവം എന്ന് പറയുന്നത് ഇത് ഏകമെന്ന് പറയുന്ന ഇതിന് സ്വീകരിക്കാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല താനീ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ തത്വമല്ല എന്റെ തത്വം ഒന്നാർക്കും പറയാൻ ും ആ പ്രപഞ്ച ഘടകമാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിന് സർവാധാരമായിരിക്കുന്നത് തന്നെയാണ് തനിക്കും ആധാരമായിരിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ ഭേദമെങ്ങനെ വരും അദ്വൈതം അല്ലാതെ ഒരു തത്വത്തെങ്ങനെ പറയാൻ പറ്റും അത് പറയാൻ സാധ്യമല്ല ആ തത്വം അതെന്താണ് ആ തത്വത്തിലാണ് സർവാത്മഭാവം എന്ന് പറയുന്നത് അല്ലാതെ അത് ഏതെങ്കിലും മാനസികമായ കൽപ്പനകളിലല്ല അതെന്താണ് സർവ സംസാരധർമാതീത ബ്രഹ്മസ്വരൂപം എന്നാണ് പറയുന്നത് സംസാരധർമ്മ അതീതമായ ബ്രഹ്മസ്വരൂപം എന്ന് പറയുമ്പോൾ ആ പരമാർത്ഥ തത്വം അതിലാണ് സർവാത്മഭാവം അല്ലാതെ നമ്മുടെ എന്തെങ്കിലും ഭാവനകളിലോ കൽപ്പനകളിലോ ഒന്നും ഞാൻ പറയുന്നു ഞാനും രാമനും കൃഷ്ണനും കേശവനും എല്ലാം ഒന്ന് തന്നെ കേവലൊരു മാനസിക ഭാവന ഇങ്ങനെ നമ്മൾ ഭാവിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തിരിച്ചും ഭാവിക്കാം നീ വേറെ ഞാൻ വേറെ കാരണം ഭാവനകൾക്കൊന്നും സ്ഥിരതയില്ല അതെല്ലാം മാറിക്കൊണ്ടിരിക്കും ഇനി കുറച്ചുകൂടി നമ്മൾ ബ്രഹ്മജ്ഞാനമൊക്കെ ഉണ്ടായി വേദാന്തമൊക്കെ ശ്രമിച്ചിട്ട് പറയുന്നു എല്ലാം ബ്രഹ്മമാണ് എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നീ ഞാനും മറ്റവനുമൊക്കെ ഒന്നാണ് എന്നു പറഞ്ഞാലും ശരിയാകത്തില്ല എന്തുകൊണ്ട് നീ ഞാൻ അന്യൻ ഈ ഭേദകൽപ്പന സൃഷ്ടിക്കുന്നത് എന്താണ് ഈ നാമരൂപങ്ങളാണ് ഈ നാമരൂപങ്ങളുടെ സ്വഭാവമാണ് എന്താണ് ഭേദത്തെ സൃഷ്ടിക്കുക അതിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല നാമരൂപങ്ങളിലൂടെ ഭേദജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ അല്ലാവിടെ അഭേദജ്ഞാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല നാമരൂപങ്ങൾ എപ്പോഴും ഭേദജ്ഞാനത്തിൽ ഉണ്ടാകും ആ നാമരൂപത്തിൽ അഭേദത്തെ ഭാവന ചെയ്തിട്ടും ഇതെല്ലാം ഒന്നാണെന്നും ഭാവന ചെയ്താലും ഒന്നാകത്തില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാം ഒന്നാണ് ഏകമാണെന്നൊക്കെ ഭാവന ചെയ്യുന്നു പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വേറെ വേറെയാണ് അനുഭവം ഓരോ ജീവനും വേറെ ചിന്തിക്കുന്നു ഓരോ ജീവന്റെയും സങ്കല്പങ്ങൾ വേറെ ഓരോ ജീവന്റെയും കർമ്മം വേറെ ഓരോ ജീവന്റെയും വാക്ക് പേര് ഇത്തരത്തിലുള്ള ഈ ഭേദ കൽപ്പന എല്ലാം ഭ്രമമാണെന്നുള്ള ഭാവനയിലൂടെയൊന്നും മാറത്തില്ല അതും ഒരു ഭേദമായി നിൽക്കുന്ന അത്തരം ഒരു ഭാവന അതുകൊണ്ടിവിടെ പറയുന്നു ആ സർവാത്മഭാവം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെയുള്ളൊരു ഭാവനയല്ല ഒരു കൽപ്പനയല്ല മറിച്ചെന്താണ് ഈ ഭാവനയല്ല ഈ സംസാര ധർമ്മങ്ങളാണ് അതിൽപ്പെടെ ഈ ഭാവന വേണ്ട നാമരൂപങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ഭാവന ആ ഭാവനയിലൂടെ നാമരൂപങ്ങളെ നിഷേധിച്ചിട്ട് പ്രയോജനമില്ല നാമരൂപങ്ങളിൽ നിന്നും സ്വതന്ത്രമാകാത്തവരും മനസ്സുകൊണ്ട് നാമരൂപങ്ങളെ നിഷേധിക്കാൻ പറ്റില്ല നിഷേധിക്കുന്നതിനും അതിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും അതിന്റെ ൾക്കാര് ചോദിക്കുന്നുണ്ടോ സർവീം ബ്രഹ്മമാണെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ വിശപ്പില്ലേ ചോദിക്കാറും പറ്റും ആരാരെ ബോധിപ്പിക്കുന്നു അപ്പൊ സർവാത്മഭാവം എന്ന് പറയുമ്പോ ഈ നാമരൂപങ്ങളെ നിഷേധിക്കുന്ന എന്തോ ഭാവനയാണ് കല്പനയാണ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ഒരു ഭാവന അല്ല നിഷേധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിന് വ്യവഹാരം ദ്വൈതം എന്ന് പറയുന്നത് ദ്വൈതത്തെ എല്ലാം ഒരുപാട് കുന്നും കുഴിയുമെല്ലാം ഉണ്ടെങ്കിൽ അതിന് കുന്നു ഇടിച്ച് കുഴിയിലിട്ട് അതിനെ സമ സമതലമാക്കുന്നു ണ്ടല്ലോ എല്ലാം സമതലമാക്കുന്നു കുന്നിനെയും കുഴിയും എല്ലാം ഒരു രീതിയിലാവും അതുപോലെ നാമരൂപങ്ങളുടെ ഭേദത്തെ എല്ലാം സമമാക്കുന്നതല്ല സർവാത്മഭാവങ്ങളിൽ അങ്ങനെ ഭാവനയിൽ കൽപ്പനയിൽ ഒരു സർവാത്മഭാവമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വ്യവഹാരം അസാധ്യമായിട്ട് വ്യവഹരിക്കാനൊക്കെ പറ്റും വസ്തുക്കൾ അതിന്റെ സ്വഭാവത്തെ ഗുണങ്ങളെല്ലാം വിടേണ്ടി വരും അഗ്നിക്ക് അഗ്നിയായിട്ടും ജലത്തിന് ജലമായി ഇരിക്കാൻ പറ്റത്തില്ല എല്ലാം വേഗമാണ് അതൊന്നുമല്ല സർവാത്മഭാവവും പറയും ഈ ഭാവനകളെല്ലാം എന്താണ് ഈ സംസാരത്തിനകത്തു എന്നുള്ള ഭാവനകളാണ് നമ്മള് ഭാവന ഞാൻ ആത്മാവാണ് സർവത്മാവാണ് സർവവും ഈശ്വരനാണ് ഇത് സംസാര ധർമ്മത്തിൽ അന്തർഭവിച്ച കാര്യങ്ങളാണ് ഇപ്പൊ സർവാത്മഭാവം അങ്ങനെ അല്ല ഏതെങ്കിലും ഒരു മാനസികഭാവമല്ല മറിച്ച് എന്താണ് ബ്രഹ്മസ്വരൂപത്വമേവാ അതിനെ കുറിച്ച് ഇത്ര പറയാൻ പറ്റും അനന്യമായ പ്രത്യേകാത്മഭാവം അവിടെ ഭിന്നമാണെന്നോ അഭിന്നമാണെന്നോ ഉള്ള കല്പനകളൊന്നുമില്ല ഏകമാണെന്നോ അനേകമാണെന്നുള്ള കൽപ്പനകൾ ദ്വൈതമെന്നോ അദ്വൈതമെന്നോന്നുള്ള കൽപ്പനകളില്ല ഇതെല്ലാം ഈ സംസാരധർമ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് അതിന്റെ അപരോക്ഷത ആ ജ്ഞാനത്തിന്റെ അപരോക്ഷത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇത് പ്രത്യേകാത്മരൂപമാണ് അതാ പരമാമത്വത്തിന് അനന്യമായിരിക്കുന്നു അതാണ് തന്റെ വാസ്തവ സ്വരൂപം അതാണ് ബ്രഹ്മസ്വരൂപം അല്ലാതെ ഏതെങ്കിലും ഭാവനയിലൂടെ സമത്വത്തെ കൽപ്പിക്കുന്നതല്ല വിത്യേത് പ്രദർശനായ ഈ തത്വത്തെ പ്രദർശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ബ്രഹ്മവിത്ത് എന്നിങ്ങനെ പറഞ്ഞ ആ ബ്രഹ്മത്തവത്തെ ആ ശ്രോതാവിനോട് അനന്യമായി ബോധിപ്പിക്കുന്നതിന് തത്വം അന്യമായ ഒന്നല്ല ആ തത്വം കേവലം വിചാരമോ ഭാവനയോ അല്ല അത് ബ്രഹ്മസ്വരൂപമാണ് അനന്യമാണ് പ്രത്യേകമാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് യേശ ഉദാഹരതയെ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ തുടർന്നങ്ങോട്ട് തദ്ദേശ അഭ്യുക്ത സത്യജ്ഞാനം ബ്രഹ്മ എന്നിങ്ങനെ വിശദീകരിക്കുന്നതാണ് ഈ വിശദീകരണത്തിലൂടെ സാധിക്കേണ്ടത് ബ്രഹ്മത്തെ അറിയുക എന്നുള്ളതല്ല ബ്രഹ്മത്തെ അറിയുന്നതിന് ഇത്രയും വിശ് ഇതിന്റെ ആവശ്യമില്ല ബ്രഹ്മം എന്നുള്ള ശബ്ദത്തിലൂടെ തന്നെ അറിയും പിന്നെന്താണ് അതിന്റെ അനന്യത അതിന്റെ പ്രത്യേക രൂപത അതാണ് പ്രധാനം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കാരണം ബ്രഹ്മത്തെ അങ്ങനെ അറിഞ്ഞതുകൊണ്ട് സംസാര നിവൃത്തി ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ബ്രഹ്മത്തിൽ സംസാരമില്ലെന്ന് നമ്മളറിയും ബ്രഹ്മത്തിൽ സംസാരമില്ല എന്നറിഞ്ഞുകൊണ്ട് തനിക്കെന്താ പറയുക ബ്രഹ്മത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ച് ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ്രഹ്മം സംസാര വിനോന്മുക്തമാണെന്നൊക്കെ അറിഞ്ഞിട്ട് അതുകൊണ്ട് തന്റെ സംസാരം നിവൃത്തി സംഭവിക്കത്തില്ല അത് സംഭവിക്കണമെങ്കിൽ അത് അനന്യമായി അറിയണം അതിനെ താനായിട്ടറിയണം അവിടെ അനന്യമായി അറിയുമ്പോൾ ബ്രഹ്മത്തെ വിഷയമായിട്ടല്ല അറിയുന്നത് ബ്രഹ്മത്തെ ബഹുർമുഖമായിട്ടല്ല അറിയുന്നത് അതാണ് ഇവിടെ പറയുന്ന വിജ്ഞാനം അപരോക്ഷത അനുസ്വസ്വരൂപമായി ധരിക്കുക അസ്വസ്വരൂപത്തിൽ അത് സർവധർമാതീതമായിരിക്കുന്നു അസ്വസ്വരൂപത്തിലത് എങ്ങനെയാണോ തനിക്ക് പ്രത്യേകമായിരിക്കുന്നത് അത് സർവത്തിനും പ്രത്യേകമായിരിക്കുന്നു എന്റെയും നിന്റെയും പ്രത്യേകമായിരിക്കുന്നു എന്റെയും നിന്റെയും പ്രത്യേകമായിരിക്കുന്നു എന്നുള്ളതാണ് നിന്റെ സർവാത്മഭാവം അതല്ലാതെ മറ്റൊരുവനിൽ അതിരിക്കുന്നു ബ്രഹ്മം എന്നറിയുന്ന അത് അതിന്റെ ആ പ്രത്യൂപത്തെ വെളിപ്പെടുത്തുന്നതിന് ലക്ഷണം ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ലക്ഷണത്തെ പറയുന്നു ഉദാഹരണത്തെ അത് പറയുന്നു അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർവാത്മഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബ്രഹ്മ സക്ഷാത്കാരത്തെക്കുറിച്ചോ തന്റെ ഭാവനകൾ ആ ഭാവനകൾ അതന്നെ ഇവിടെ സർവാത്മഭാവം എന്ന് പറയുന്നു അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് തദ്ദേശ അഭ്യുക്ത തസ്മെന്നൈവ ബ്രാഹ്മണവാക്യോക്തെ ഈ വാക്യത്തിൽ പറഞ്ഞ ആശയത്തെ വിശദമാക്കുന്നതിന് വേണ്ടിട്ടാണ് ഇനി പറയുന്നത് സത്യം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ്രഹ്മത്തിന്റെ ലക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വാക്യമാണ് ഇത് വെറും വിശേഷങ്ങളാണോ അതോ ഇത് ലക്ഷണമാണോ രണ്ട് കാര്യത്തെ കുറിച്ചും ചർച്ച ചെയ്യുന്നു ബ്രഹ്മം എന്ന് പറയുന്ന തത്വം അതിനെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ ഇതിന്റെ പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് കൂടെ ചർച്ച ചെയ്യുന്നത് എല്ലാ ശബ്ദവും അതിനെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നതാണ് മുഖ്യമായ സിദ്ധാന്തം എന്നാലും സത്യജ്ഞാനം അനന്തം ആനന്ദം തുടങ്ങിയ ശബ്ദങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അതെങ്ങനെ വിശേഷങ്ങളായിരിക്കുന്നു അതെങ്ങനെ ലക്ഷണമായിരിക്കുന്നു അക്കാര്യം വിശദീകരിക്കുന്നു ഇത് ലക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വാക്യമാണ് സത്യാദീനി വിശേഷണി പദ വിശേഷ ബ്രഹ്മണ വിശേഷം വിശേഷണം എന്നു പറയും നീലം ഉത്പലം ഇവിടെ ഉദാഹരണമായിട്ട് പറയും രക്തം ഉത്പലം സുഗന്ധി ഉത്പലം എന്ന് പറയുന്നു ഉത്പലം താമരയാണ് അതിനെ കുറിച്ച് പറയുന്നത് നീലമാണ് സുഗന്ധിയാണ് രക്തമാണോ ചുവപ്പാണ് അവിടെ ഉത്പലം വിശേഷികമായിരിക്കുന്നു ബാക്കി പറയുന്നതല്ല വിശേഷങ്ങളായിരിക്കുന്നു അതിനവിടെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ബ്രഹ്മെന്ന് പറയുന്നത് വിശേഷമായിരിക്കുന്നു സത്യം ജ്ഞാനം അനന്തം വിശേഷങ്ങളായിരിക്കുന്നു ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയാണ് അത് സത്യാധീനത്തിന് വിശേഷണാർത്ഥാനി വിശേഷണത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ വിശേഷണ അർത്ഥത്തോടു കൂടിയതാണ് പദാനി വിശേഷിച്ച് ബ്രഹ്മണ അവിടെ ബ്രഹ്മം വിശേഷ്യം വിവക്ഷിതത്വ വേദ്യതയാ ബ്രഹ്മം വിശേഷ്യമാണ് എന്തുകൊണ്ട് വേദ്യതയാ വിവക്ഷിതത്വ അതാണ് ഇവിടെ അറിയേണ്ടത് അറിയേണ്ടതായി ശ്രുതി താത്പര്യപ്പെടുന്നത് ശ്രുതിയുടെ വിവക്ഷ ബ്രഹ്മത്തിലാണ് അതാണ് നേരത്തെ പറഞ്ഞത് ഒന്ന് അവിശേഷമായി ബോധിപ്പിക്കുന്നു ഒന്ന് വിശേഷമായി ബോധിപ്പിക്കുന്നു വിശേഷമായി ബോധിപ്പിക്കുന്നതിന് വിശേഷ സാമാന്യമായി ബോധിപ്പിക്കുന്നത് ലക്ഷ്യം കാരണിപ്പോ ഒരു വസ്തുവിന് ലക്ഷണം പറയുമ്പോ തീരെ അറിയാത്തതിന് ലക്ഷണം പറഞ്ഞിട്ട് കാര്യ ഉത്ഫലം അതിനെ പറയുന്നു അതിനെ അറിയാൻ വരാം കെത്താൻ വരാം ഉത്പലം എന്തെന്നറിയാത്ത ഒരാളിനോട് നീലം സുഗന്ധി അല്ലെങ്കിൽ രക്തം ഇങ്ങനെയുള്ള വിശേഷങ്ങൾ പറഞ്ഞിട്ട് പ്രയോജനമൊന്നും ആദ്യം ഉത്ഫലം എന്താണെന്ന് അറിയാം ശരി ഉത്പലം എന്താണെന്നറിഞ്ഞാൽ പിന്നെ എന്താ വിശേഷണം കൊണ്ടെന്താ പ്രയോജനം ഉത്പലം എന്തെന്നറിഞ്ഞാലും പിന്നെ വിശേഷണം എന്തിനാ കാരണം ആ ഉത്പലം പലതരത്തിലും വരാം നീലമായിട്ട് വരാം രക്തമായിട്ട് വരാം സുഗന്ധിയായിട്ട് വരാം അപ്പൊ അതിന്റെ ആ വിശേഷങ്ങൾ എന്ത് ചെയ്യുന്നു നിർദ്ധാരണം ചെയ്യണം ആ ഈ ഉത്പലം നീലമാണ് അല്ലെങ്കിൽ ഈ ഉത്പലം രക്തമാണ് ഭാഷകാരൻ നേരത്തെ പറഞ്ഞൊന്ന് അവിശേഷമായ ഞാനും ഒന്ന് വിശേഷമാണ് ഞാൻ ബ്രഹ്മശബ്ദം അത് കേൾക്കുമ്പോൾ ഒരു അവിശേഷമായ ഞാനും ഉണ്ടാവും അത് ബൃഹത്വം മഹത്വമാണ് ബൃഹത്വ മഹത്വമാണെന്ന് പറയുമ്പോ പ്രപഞ്ച അതീതമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു കാരണം ഈ പ്രപഞ്ചത്തിൽ അപേക്ഷയുമായി ചിന്തിക്കുമ്പോൾ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നും ബൃഹത്താണ് മഹത്താണ് ഇങ്ങനെ പ്രപഞ്ചത്തിൽ അപേക്ഷയുമായി ചിന്തിച്ചു പോകുമ്പോൾ ആകാശം വരെ ചല്ല അതിനപ്പുറം പോകാൻ നമ്മുടെ ബുദ്ധിക്ക് ശേഷി ആകാശമാണ് ഏറ്റവും ബൃഹത്ത് മഹത്ത് അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് മഹത്ത് എന്ന് പറയുമ്പോ ആകാശം വരെ മഹത്താണെങ്കിൽ അതിനും മഹത്തായൊന്നും ഉണ്ടാകാമല്ലോ ബൃഹത്തായൊന്നുണ്ടാകാമല്ലോ ആകാശത്തിനും അപ്പുറം അത് പ്രപഞ്ചാതീതം അങ്ങനെ ഒന്ന് അത് ബ്രഹ്മശബ്ദത്തി എന്ന് മനസ്സിലാകുന്നു ഉത്പന്നു പറയുമ്പോൾ താമര എന്ന് മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ ഗൗഹ ഗൗ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് പശുവാണ് ുന്നു പക്ഷെ അത് തന്നെ പലതരത്തിലുണ്ടത് ഏതാണ് ശരിക്കും ആ വർഗത്തിൽപ്പെടുന്ന പല ജീവികളുണ്ട് പശുണ്ട് പോത്തുണ്ട് എല്ലാം ഒരേ വിഭാഗത്തിൽപ്പെടുന്ന അതിലേതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത് മൃഗങ്ങൾ നിന്ന് പലതരത്തിലാണ് അതിലേതാണ് അപ്പൊ ലക്ഷ്യത്തെക്കുറിച്ച് സാമാന്യ ബോധം ഉള്ളവനോടാണ് ലക്ഷണത്തെക്കുറിച്ച് പറയുന്നത് അപ്പം ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആ സാമാന്യമായ ബോധം അതിനവിശേഷ ജ്ഞാനമെന്ന് പറയുന്നു അതൊരുവനുണ്ട് ബ്രഹ്മം എന്ന് കേൾക്കുമ്പോ അതെന്തോ വലുതായ പക്ഷെ അവിടെ അനന്യബോധമൊന്നും വരുന്നില്ല ആ ഒരു അറിവ് കൊണ്ട് വിശേഷിച്ച് പ്രയോജനവുമില്ല മറ്ററിവുകളെ ഒരു അറിവ് സംസാര നിവൃത്തിക്ക് ഉപകരിക്കുന്ന വിശേഷജ്ഞാനം പ്രത്യേകമായിട്ടുള്ള ഗ്രഹണം അതിനുവേണ്ടി വിശേഷങ്ങളുടെ ആവശ്യമുണ്ടതാണ് പറയുന്നത് എന്തിനാ ധരിക്കേണ്ടത് ആ വിശേഷത്തെ തന്നെ വിശേഷ്യമായിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കണം ഉത്പലത്തെ തന്നെ ഗ്രഹിക്കണം അങ്ങനെ ആ ഇത് രക്തമാണോ അല്ലെങ്കിൽ നീളമാണോ എന്ന് ഗ്രഹിക്കണം എന്നാലേ അതിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം പൂർണമാകണം അതിലൂടെ ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കണം അങ്ങനെ അത് പ്രത്യേകമായി ഗ്രഹിക്കണം സ്വസ്വരൂപമായി ഗ്രഹിക്കണം ഞാനവിടെ പൂർണമാകുന്നു ഞാനും സഫലമാകുന്നു അതുകൊണ്ട് വേദ്യമായിരിക്കുന്ന അറിയേണ്ടതായിരിക്കുന്ന ആ തത്വത്തെ ഇവിടെ വിശേഷമായി നിർദ്ദേശിച്ചു ബ്രഹ്മം അതിനെ നിർദ്ദേശിക്കുന്നു പക്ഷേ അതുകൊണ്ടായില്ല അതിനെ പൃഥ്വിക്രൂപത്തിൽ ഗ്രഹിപ്പിക്കണം സർവാത്മരൂപത്തിൽ ഗ്രഹിപ്പിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു വിശേഷണങ്ങളെ പറയുന്നു അല്ലെങ്കിൽ ശ്രുതി ഒറ്റ വാക്കി ഒരു വാക്കുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിച്ച പിന്നീട് അത് വിശദീകരിക്കത്തില്ലായിരുന്നു പക്ഷെ ആ ജ്ഞാനം കൊണ്ട് ഫലമില്ലെന്നറിയാം ഇനി ബ്രഹ്മശബ്ദം കൊണ്ട് തന്നെ ഒരാൾക്ക് അതിനെ പ്രത്യേക രൂപത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞാലോ കഴിഞ്ഞാൽ പിന്നെ വിശേഷണങ്ങൾ വ്യർത്ഥമാണ് പക്ഷെ വിശേഷണങ്ങളിലൂടെ അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാല് ആ വിശേഷീയത്തിലൂടെ അതിനെ പ്രത്യേകമായി ഗ്രഹിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് വിശേഷണ വിശേഷഭാവത്തിൽ ഇതിനെ ബോധിപ്പിക്കുന്നത് അപ്പൊ സാധാരണ നമ്മൾ ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുമ്പോ സത്സംഗത്തിന് ശ്രുതി നിന്നുമെല്ലാം ഗ്രഹിക്കുമ്പോ അതിനവിശേഷമായേ ഗ്രഹിക്കുന്നുള്ളൂ തത്വമായി ഗ്രഹിക്കുന്നുള്ളത് ശരിയാണ് അതിന്റെ എല്ലാ മഹത്വത്തെയും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്തൊക്കെ പക്ഷെ മഹത്വത്തെ ഗ്രഹിച്ചാലും അതിനെ പ്രത്യേക രൂപത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല അവിടെയാണ് നമ്മൾ പറയുന്നത് എന്താണത് അനുഭവമില്ല അല്ലെങ്കിൽ ജ്ഞാനം സ്ഥായി അല്ല എന്ന് നാം പറയുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു വിശേഷണ വിശേഷത്വദേവ സത്യാദീനി പദാനി സമാന അധികരണാനി അതുകൊണ്ട് ഈ വിശേഷണ വിശേഷി രൂപത്തിൽ ഏതാർത്ഥത്തെ ബോധിപ്പിക്കുക എന്നർത്ഥം വിശേഷമായിരിക്കുന്ന ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം അത് തന്നെ പക്ഷെ വിശേഷണ വിശേഷ്യങ്ങൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു ആ അർത്ഥത്തിലാണ് ആ ഭാവം വരുന്നത് തന്റെ സ്വരൂപം എന്ന് വരുന്നത് ആണ് വിശേഷണ വിശേഷ്യത്വദേവ വിശേഷണങ്ങളിലൂടെ തന്നെ വിശേഷിപ്പിക്കുന്നു ബോധിപ്പിക്കുന്നു കേവലം വിശേഷ്യ ശബ്ദത്തിലൂടെയല്ല ബ്രഹ്മശബ്ദത്തിലൂടെയല്ല സത്യാദീനി ഏകവിഭക്തിയന്താണ് പദാനി സാധാരണ സമാനവിഭക്തിയന്ത പദങ്ങൾ ഒരർത്ഥത്തെ ബോധിപ്പിക്കും അങ്ങനെ ഏകഭ്യക്തി എന്ത പദങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു ഏകാർത്ഥത്തെ ബോധിപ്പിക്കും പല അർത്ഥത്തെ ബോധിപ്പിക്കത്തില്ല ശബ്ദങ്ങൾ വേറെ ആയിരിക്കും പക്ഷെ അർത്ഥം ഒന്നായിരിക്കും അത്യന്തികമായി ഒരു വസ്തുവിനെ ബോധിപ്പിക്കത്തുള്ളൂ അങ്ങനെ ഉദാഹരണം തന്നെയാണ് രക്തം സുഗന്ധി സുന്ദരം ഉത്പലം എന്ന് പറയുന്നു രക്തം എന്ന് പറഞ്ഞാൽ അത് സുഗന്ധം നിറം സുഗന്ധി സുഗന്ധമുള്ളതാണ് സുന്ദരമാണ് പിന്നെ എത്ര വിശേഷങ്ങൾ വേണോ ഉപയോഗിക്കാം ഓരോ വിശേഷണങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക അർത്ഥം തോന്നും പക്ഷേ അവിടെ ബോധിപ്പിക്കുന്ന ഒരേ ഒരു വസ്തുവിനെ ഉത്പലം എന്ന് പറയുന്ന ഒരേ വസ്തുവിനെ ബോധിപ്പിക്കുന്നു അപ്പൊ വിശേഷണങ്ങൾ തന്നാലും അവസാനം ഏക വസ്തുവിനെ ബോധിപ്പിക്കുന്നു അപ്പൊ വിശേഷണങ്ങളിലൂടെ ബോധിപ്പിക്കുന്നതുകൊണ്ടൊരു പ്രത്യേകത വന്നു എന്താണ് അതിന്റെ വിശേഷമായ ജ്ഞാനം മറ്റത് ഉത്പലമെന്നേ മനസ്സിലാക്കിയുള്ളൂ അതാണതൊരു പുഷ്പം ഇവിടെ വിശേഷിച്ചറിയുന്നു എന്താണ് അത് മനോഹരമാണ് അത് സുഗന്ധമുള്ളതാണ് അത് രക്തവർണമാണ് അപ്പോൾ ഉത്പലത്തെക്കുറിച്ചുള്ള പൂർണ്ണത അത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഉത്തലം പുഷ്പം ഞാൻ അപൂർണമാണ് അങ്ങനെ അനേക വാക്കുകൾ ഉപയോഗിച്ചിട്ടും ഏകാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമേ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് അതിന്റെ സൂചകമാണ് ആ പദത്തിലെ വിഭക്തികൾ എല്ലാം ഒരേ വിഭക്തി തന്നെ പറഞ്ഞിരിക്കുന്നു സുഗന്ധം സുഗന്ധി എന്ന് പറഞ്ഞിരിക്കുന്നു രക്തം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു ഒരേ വിഭക്തി പറഞ്ഞിരിക്കുന്നു ഒരേ വിഭക്തിയിൽ വിശേഷണങ്ങളായി എത്ര പദങ്ങൾ ഉപയോഗിച്ചാലും ശരി ആ ഓരോ പദങ്ങൾക്കും വേറെ വേറെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നാലും ശരി ആത്യന്തികമായിട്ട് അവിടെ ഒരു വസ്തുവിനെ കുറിച്ചുള്ള ബോധവും ഉണ്ടാവില്ല എന്നാൽ ഒരു പദം പോലെ ഒരു പദം കൊണ്ടാ പൂർണ്ണത ഘട്ടത്തിന്റെ ഇവിടെ നാനാ പദങ്ങളിലൂടെ ആ ഒരു തത്വത്തെ തന്നെ ബോധിച്ചപ്പോ അതിന് വന്ന പൂർണ്ണത വിശേഷത എന്താണ് അതിന്റെ ആ പ്രത്യേക സ്വരൂപം ഇവിടെ ശ്രുതി വെളിപ്പെടുത്തുന്ന തത്വം താൻ തന്നെ എന്നുള്ള ആ ബോധം അതുണ്ടാവും ആരുമുണ്ടാവും അത് ഭാഷയുടെ നിയമം അനുസരിച്ചാലും ആ ഏകജ്ഞാനമേ വരത്തുള്ളൂ അതുകൊണ്ടന്നെ ഒരു തത്വത്തെ ബോധിപ്പിക്കുന്നതിന് എത്ര പദങ്ങളാ ഉപയോഗിക്കുന്നത് കോടി ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നു കോടി ഗ്രന്ഥങ്ങൾ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് ദോഷമാണെന്നും പറയും ദോഷമല്ലെന്നും പറയും ദോഷമാവുന്നെങ്ങനെ ശബ്ദങ്ങൾ കൂടുമ്പോൾ അത് ഈ സമാനാധികരണത്തിൽ ഇല്ലെങ്കിൽ ദോഷമാണ് സമാനാധികരണങ്ങൾ എന്ന് പറഞ്ഞാൽ പദങ്ങൾ കൂടിച്ചേർന്ന് ആ ഒരർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുകയാണെങ്കിൽ ദോഷമില്ല പക്ഷെ നാനർത്ഥത്തെ ബോധിപ്പിച്ചാലോ ദോഷമായി തീരും അത് തത്വത്തെ ബോധിപ്പിക്കുന്നതിന് കോടി ശബ്ദങ്ങൾ ഉപയോഗിച്ചാലും ശരി ദോഷമാണ് എല്ലാ ശബ്ദങ്ങളും സമാനാധികരണമായി എന്നാൽ ഒരേ അർത്ഥത്തെ ബോധിപ്പിച്ചുകൊണ്ട് ഒരു തത്വത്തെ തന്നെ പഠിപ്പെടുത്തുന്നു അതുകൊണ്ട് ഗ്രന്ഥ ബാഹുല്യം അദ്വിധത്തിൽ ദോഷമുണ്ട് പറയാറില്ലേ തത്വം മസ്തി അത് പറഞ്ഞ പോലെ എന്തിനാ ഇത്രയും ഭാഷ്യവും വിവേദവും ശാസ്ത്രങ്ങളുമെല്ലാം എന്തിനാ നാം ഒന്നുകൊണ്ട് ബോധിപ്പിക്കുന്നതിന് തന്നെ ബോധിപ്പിക്കാൻ അനന്ത ശബ്ദങ്ങൾ അനന്തശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിൽ ആർക്കും പരാതിയില്ല എന്തുകൊണ്ട് അനന്തശബ്ദങ്ങളും ഉപയോഗിക്കുന്നത് സമാനാധികത്തിലാണ് എന്താ അതുകൊണ്ട് പ്രയോജനം ഇതിന്റെ പൂർണതയ്ക്ക് വേണ്ടി പൂർണമായ ജ്ഞാനത്തിന് അത് സഹായിക്കുന്നുണ്ട് ദോഷമുണ്ട് അത് ശബ്ദങ്ങളെ സംബന്ധിച്ചും ഉപദേശത്തെ സംബന്ധിച്ചും ഇതിന്റെ ആവൃത്തിയെക്കുറിച്ചും എല്ലാം പറയുന്ന അതാണ് അതെല്ലാം അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഉപകരിക്കുന്നു പക്ഷെ അതിൽ ഒരു നിയം വേണം എന്തായണോ സമാനാധികാരണമായിരിക്കണം ഏക അർത്ഥബോധങ്ങളായിരിക്കണം ആത്യന്തികമായിട്ട് അതിനുവേണ്ടി എത്ര ശബ്ദം വേണമോ ഉപയോഗിക്കാം ദോഷമുണ്ട് അപ്പൊ ഏകാഗ്രതയോടുകൂടി അന്തർമുഖമായിട്ടാണ് ആ ശബ്ദാർത്ഥങ്ങൾ ഗ്രഹിക്കുന്നതെങ്കിൽ ശബ്ദങ്ങളിലെ ഭേദം വരും ആ ശബ്ദങ്ങൾ അർത്ഥബോധത്തിൽ ഭേദത്തെ ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഈ നാനാ ശബ്ദങ്ങളെ അനുസന്ധാനം ചെയ്യുന്നത് അദ്വൈത സാക്ഷാത്കാരത്തിന് വിരുദ്ധമായ കാര്യമില്ല മറിച്ച് അതിന് അനുകൂലമാണ് താൻ ദോഷം ചെയ്യുന്നില്ല എല്ലാം ഒന്നിനെ ബോധിപ്പിക്കുന്നു മറിച്ച് അത് പ്രയോഗിക്കാതിരുന്നാലോ ആ തത്വത്തിന്റെ പൂർണത വിശേഷം ഞാൻ ഉണ്ടാകത്തത് അതുകൊണ്ടാണ് ഈ ശബ്ദത്തിന്റെ ആവൃത്തി അല്ലെങ്കിൽ ശബ്ദത്തിന്റെ അനുകരണം നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് പറയുന്നു അനേകവിഭക്തിയന്താനി പദാനി അനേകവിഭക്തിയന്ത പദങ്ങൾ സമാനാധികം ഇവിടെ ഏകവിഭക്തി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു അവയ്ക്ക് വിഭിന്നമായ അർത്ഥങ്ങളുണ്ടായിരുന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതുമാത്രമല്ല ഈ ഭാഗം തന്നെ സത്യജ്ഞാനന്ദം എന്ന് പറയുന്ന ബ്രഹ്മരക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ശബ്ദാർത്ഥ സംബന്ധത്തെ കുറിച്ചുള്ള പല വിഷയങ്ങളും ഭാഷകാരൻ വെളിപ്പെടുത്തുന്നുണ്ട് അതിന്റെ തത്വങ്ങൾ പല സംശയങ്ങൾക്കും ഇവിടെ പരിഹാരത്തിൽ നിർദ്ദേശിക്കുന്നു നമ്മുടെ സമാനാധികമായി എത്ര പദങ്ങൾ ഉപയോഗിച്ചാലും ശരി അതിൽ ദോഷമില്ല ബ്രഹ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഓം പ്രണാമോ അത് മാത്രം മതിയില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഫലപ്രാപ്തി എത്തുന്നില്ല വീണ്ടും അനേക ശബ്ദങ്ങൾ ശ്രുതി തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ആചാര്യന്മാരും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ശ്രോതാക്കളാണെങ്കിലും ഇതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന് സമാനം പറയുകയാണ് അത് ദോഷമെല്ലാം മറിച്ചത് ആവശ്യമാണ് അതുകൊണ്ട് പലരും പ്രതീക്ഷിക്കും ഇതെന്നാണ് നിർത്തുന്നത് ഇവിടെ ഭാഷകാരം വരുന്നത് നിർത്താൻ പാടില്ലെന്നോ ഇത് അവസാനിപ്പിക്കാനേ പാടില്ല ഇതിന്റെ പൂർണതയ്ക്ക് വേണ്ടി ഇത് തുറന്നുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നു സത്യാതിഭി ത്രിഭി വിശേഷനേഹി വിശേഷ്യമാണ് ബ്രഹ്മ വിശേഷ്യാന്തരേധ്യോ നിർധാരിതേ സത്യം ജ്ഞാനം അനന്തം എന്ന് പറയുന്ന വിശേഷണ ശബ്ദങ്ങളിലൂടെ വിശേഷ്യമാണ് ബ്രഹ്മ വിശേഷിപ്പിക്കപ്പെടുന്നതായ ആ ബ്രഹ്മ തത്വം വിശേഷ്യ അന്തരേഭ്യോ നിർധാരി മറ്റ് വിശേഷങ്ങളിൽ നിന്നതിനെ വേർതിരിക്കുന്നു പുഷ്പം എന്ന് മാത്രം പറഞ്ഞാൽ നാനാ പുഷ്പങ്ങൾ വരും അതിൽ തന്നെ ഉത്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട പുഷ്പം വരും അതിൽ തന്നെ സുഗന്ധി എന്ന് പറഞ്ഞാൽ പിന്നീട് വിശേഷിച്ചൊന്ന് വരും ഇതാണ് നിർദ്ധാരണം ഒരു സമൂഹത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒന്നിനെ വേർതിരിച്ചെടുക്കുക അതിന്റെ വിശേഷതകളെ സവിശേഷതകളെ കണ്ടുപിടിക്കുക അപ്പൊ അത്തരം സവിശേഷതകളില്ലാത്തിൽ നിന്നത് വേർപിരിയും അങ്ങനെ അതിനെ വ്യക്തമായി ധരിക്കുക സാമാന്യജ്ഞാനത്തിൽ നിന്നും വിശേഷജ്ഞാനത്തിലേക്ക് പോവുക പൊതുവെ അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ബുദ്ധി ജ്ഞാനത്തെ ആർജിക്കുന്നത് സദാസമിയാവുന്ന സദാസമി അത് സാമാന്യജ്ഞാനത്തിൽ നിന്നും വിശേഷജ്ഞാനത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക ആ വിശേഷജ്ഞാനത്തിന് സാമാന്യജ്ഞാനമാണ് സഹായകമായി എപ്പോഴും ഇരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ രാമൻ എന്നു ഒരുവനെ അറിയുമ്പോൾ അവിടെ അതൊരു വിശേഷജ്ഞാനമായി ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പക്ഷെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിന് ആധാരമായി സാമാന്യജ്ഞാനങ്ങൾ പലതുമുണ്ട് അതാണ് രാമൻ എന്നുള്ള ജ്ഞാനത്തിൽ അവനെത്തിക്കുന്നത് എന്താണ് പുരുഷൻ കാരണം പുരുഷന്മാർ അനേകമുണ്ട് അതിന് ഒരാളാണ് ഈ രാമൻ രാമൻ എന്നുള്ള ജ്ഞാനത്തിൽ പുരുഷൻ എന്നുള്ള ജ്ഞാനമുണ്ട് ഇനി പുരുഷന്മാർ തന്നെ പല ജീവികളുണ്ട് അതിൽ തന്നെ വരുന്നത് മനുഷ്യൻ അതൊരു സാമാന്യ ജ്ഞാനം ഇപ്പൊ രാമൻ എന്നറിയുന്നിടത്ത് ഈ വിശേഷജ്ഞാനത്തിൽ ഈ സാമാന്യജ്ഞാനങ്ങളെല്ലാം അവിടെയുണ്ട് രാമനെ രാമനായിട്ട് അറിയുമ്പോൾ അവിടെ പുരുഷനായി അറിയുന്നു മനുഷ്യനായിട്ടറിയുന്നു മനുഷ്യന് മാത്രമല്ല അനേക ജീവന്മാരുണ്ട് മനുഷ്യ മൃഗ പശു പക്ഷി ആദികളുണ്ട് അതിൽ നിന്നെല്ലാം വേറെ തിരിച്ചറിയുന്നു അപ്പോൾ ഒരു ജീവനെ മനുഷ്യനായി അറിയുന്നു പുരുഷനായിട്ടറിയുന്നു പിന്നെ രാമനായിട്ടറിയുന്നു പിന്നെ അതിനെ പിതാവായോ പുത്രനായോ ശിഷ്ടനായോ ദുഷ്ടനായോ അങ്ങനെ സാമാന്യജ്ഞാനങ്ങളിൽ നിന്ന് വിശേഷജ്ഞാനത്തിലെത്തിച്ചേരുന്നു ഇതാണ് ഓരോ ജ്ഞാനത്തിന്റെയും സാമാന്യ വിശേഷഭാവം ഓരോ വസ്തുവിനെ സംബന്ധിച്ചും സാമാന്യത്തിൽ നിന്ന് ബുദ്ധിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് പോകുന്നതിന് സഹായിക്കുന്നെന്താണ് വിശേഷണങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് ബുദ്ധിയുടെ ഈ പോക്ക് ഇതിനാണ് നിർദ്ധാരണം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഈ തിരിച്ചറിവ് ആ നിർദ്ധാരണം അതിവിടെ പറയുന്നു സത്യാദിഭി ത്രിഭി വിശേഷണേഹി സത്യജ്ഞാനം അനന്തം അങ്ങനെ മൂന്ന് വിശേഷങ്ങളാണ് ഇവിടെ പറഞ്ഞ മൂന്നേ ഉള്ളൂന്നല്ല എത്ര വിശേഷങ്ങൾ വേണോ ഇവിടെ ചേർക്കാം നിഷ്ക്രിയം നിരാകാരം നിർഗുണം നിരഞ്ജനം അങ്ങനെ ധാരാളം വിശേഷങ്ങൾ ചേർക്കാം വിശേഷ്യമാണ് ബ്രഹ്മ ഇതിലൂടെ എല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നതായ ആ ബ്രഹ്മ ബോധ്യപ്പെടുന്ന ബ്രഹ്മം രാമനെങ്ങനെയാണോ മനുഷ്യനിൽ നിന്നും പുരുഷനിൽ നിന്നും ജീവന്മാരിൽ നിന്നുമല്ല സാമാന്യത്തിൽ നിന്നും വിശേഷിപ്പിച്ച് വ്യക്തിയായി തിരിച്ചറിഞ്ഞ് അതുപോലെ വിശേഷ്യന്തരീക്ഷ നിർദ്ധാര്യെ മറ്റ് വിശേഷ്യങ്ങളിൽ നിന്നും അനുപേർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റ് സാമാന്യങ്ങളിൽ നിന്നും അനുപേർതിരിച്ച് ഒരു വിശേഷത്തിൽ കൊണ്ടെത്തിക്കുന്നു ഇവിടെ ആ നിർദ്ധാരണം എവിടെയാ ചെന്നെത്തേണ്ടത് ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വസ്തുവിൽ ചെന്നെത്തുന്നു സാമാന്യജ്ഞാനത്തിൽ നിന്നും വിശേഷജ്ഞാനത്തിൽ എത്തിച്ചേരുന്നു ഇവിടെ അങ്ങനെ എന്താ ഇവിടെ ബൃഹത്വം മഹത്വമായിരിക്കുന്ന ആ സാമാന്യജ്ഞാനത്തിൽ നിന്നും വിശേഷജ്ഞാനത്തിൽ പ്രത്യേക രൂപത്തിൽ പ്രത്യേകാത്മാവായി എത്തിച്ചേരുന്നു പ്രത്യേക രൂപത്തിൽ അതിനുഗ്രഹിക്കുന്നു ബ്രഹ്മാവിശേഷാന്തരേഭ്യോ നിർധാരേം ഹി തജ്ഞാനം അന്യേഭ്യോ നിർധാരിതം ഇപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് ഈ നിർദ്ധാരണങ്ങളിലൂടെ സംഭവിക്കേണ്ടതാണ് സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് വന്ന് സംഭവിക്കേണ്ടതാണെന്നോ അത് തന്നെ ബ്രഹ്മത്തെ സംബന്ധിച്ച് തജ്ഞാനം ഭവതി ആ ബ്രഹ്മജ്ഞാനം അതെങ്ങനെ സംഭവിക്കണം ഇതന്യേക്ഷ്യ നിർദ്ധാരിതം മറ്റുള്ളതിൽ നിന്നെല്ലാം നിർദ്ധാരണം ചെയ്തതായിരിക്കണം അതിന്റെ തത്വമായിരിക്കണം ആ തത്വം തന്നിൽ ആണ് അവസാനിക്കുന്നത് തന്നിലെത്തിച്ചേർന്നു പ്രത്യേക രൂപത്തിലെത്തിച്ചേർന്നു അതിൻ്റെ പറയുന്നത് നേതി നേതി അത് നിർദ്ധാരണമാണ് എല്ലാത്തിനെയും നിഷേധിക്കുന്നു സർവത്വം നിഷേധിക്കണം എന്തിനും ഒരാൾക്ക് ഈശ്വരനും കൂടി നിഷേധിക്കാം ഏത് മൂഢനും നിഷേധിക്കാം ഈശ്വരനെയും നിഷേധിക്കാം ബുദ്ധിയുള്ളതിന് യുക്തി കൊണ്ട് നിഷേധിക്കും അപ്പൊ സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാലും തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ സാധ്യമല്ല ഇപ്പൊ സർവത്തെയും നിഷേധിച്ചിട്ട് അവസാനം ആ നിഷേധത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഭാഗത്ത് നിഷേധങ്ങളെല്ലാം നിലയ്ക്ക് അതവിടെ തന്നിൽ നേതി നേതി നിർദ്ധാരണമാണ് അതാ തന്നെ നിഷേധിക്കാൻ പറ്റില്ല കാരണം തന്നെ നിഷേധിക്കാൻ ഇവിടെ ആണില്ല താനാണ് നിഷേധകനായിരിക്കുന്നത് താൻ നിഷേധകനായിരിക്കുന്നിടത്തോളം കാലം തന്നെ നിഷേധിക്കാൻ പത്തു അപ്പൊ താനില്ലാതെ വരണം അത് തന്നെ നിഷേധിക്കണമെങ്കിലും താൻ തന്നെ വേണം അപ്പൊ താൻ തന്നെ നിഷേധിക്കുന്നു പറഞ്ഞാൽ എന്താണ് ഫലത്തിൽ അവിടെ നിഷേധം സംഭവിക്കുന്നില്ല ആ നിഷേധം തന്റെ അസ്തിത്വത്തെ ഉറപ്പിക്കുകയോ ചെയ്തിട്ടുള്ളൂ അത് നിർദ്ധാരണം നേതി നേത്തി അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു ബ്രഹ്മം ബൃഹത്തായ ഒന്ന് എന്നുള്ള തത്വം അതിനെ നിർദ്ധാരണം ചെയ്ത് അതിനപ്പുറത്ത് സ്വരൂപമായി മാറ്റുന്നു ഈ ദാർശനികന്മാരുടെ ഇടയിൽ ഈശ്വര വലിയ വിവാദങ്ങളൊന്നുമില്ല ചാർവാഹനെ പോലെയുള്ള ചുരുക്കം ചിലർ ഒഴിവാക്കിയാൽ സർവരും ഈശ്വര അസ്തിത്വത്തെ അംഗീകരിക്കുന്നവരാണ് ഇനി ചിലർ ഈശ്വരനെന്ന് പറയുന്നതിന് പകരം മറ്റെന്തെങ്കിലും അംഗീകരിക്കുന്നവരായി സർവാധാരമായവരുടെ തത്വത്തെ അവരംഗീകരിക്കുന്നവരാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമില്ല അങ്ങനെ ഒരു തത്വത്തെ അംഗീകരിക്കുന്നു അങ്ങനെ അംഗീകരിക്കാൻ പല തത്വങ്ങളുമുണ്ട് പക്ഷെ അതിനെ പ്രത്യേക രൂപത്തിൽ ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ തത്വത്തെ അത് ഗ്രഹിപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതിനെ ഗ്രഹിപ്പിക്കുന്നിടത്താണ് ഈ പറയുന്ന നിർദ്ധാരണ സംഭവിക്കുന്നത് ഏവജ്ഞാനം ബോധി അങ്ങനെയാ ഞാൻ സംഭവിക്കത്തുള്ളു അങ്ങനെ തന്നെ അത് സംഭവിക്കണം അതന്യേഭ്യോ നിർധാരിതം മറ്റുള്ളവരിൽ നിന്നും നിർദ്ധാരണം ചെയ്ത് സ്വസ്വരൂപമാണ് എന്ന് ബോധിക്കണം യഥാ ലോകേ അതിന് ഉദാഹരണം പറയുന്നു നീലം മഹത് സുഗന്ധി ഉത്പലം ഉത്പലത്തിന് ഒരുപാട് വിശേഷം കൊടുക്കുന്നു നീലനിറമുള്ളതാണ് അത് മഹത്താണ് വലുതാണ് സുഗന്ധിയാണ് വിശേഷങ്ങളിലൂടെ ഒരു വസ്തുവിനെ അവസാനമായി തെളിച്ചെടുക്കും വ്യക്തമാക്കിയെടുക്കും അല്ലെങ്കിൽ അതിനെ കഴിയുന്നത്ര പൂർണ്ണമായിഗ്രഹിക്കുന്നു ഇതാണ് ഉത്ഫലം അതുപോലെ ഈ പരമാത്മ തത്വത്തെ നിർദ്ധാരണം ചെയ്യുന്നു ശ്രുതി അപരോക്ഷമായി പ്രത്യേകാത്മാവായി അതിനെ നിശ്ചയിക്കുന്നു അതാണ് യഥാർത്ഥമായ ജ്ഞാനം അതിനുവേണ്ടിയിട്ടാണ് ലക്ഷണം അങ്ങനെ നിർദ്ധാരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പദങ്ങളെയാണ് ലക്ഷണം എന്ന് പറയുന്നത് ഇവിടെ വിശേഷണമെന്ന് പറഞ്ഞു ഇവിടെ എന്തിനെ നിർദ്ധാരണം ചെയ്യുന്നു ഈ ശ്രോതാവിന്റെ സ്വരൂപത്തെ സാധാരണ ലക്ഷണങ്ങളിലൂടെ നിർധാരണം ചെയ്യുന്ന വസ്തുക്കളെയാണ് പശുവിന്റെ ലക്ഷണം പറഞ്ഞു സാസനാധിമത്വം ഒരു വസ്തുവിന് നിർധാരണം ചെയ്യുന്നു ഉത്പന്നത്തിന് പറഞ്ഞു മഹത്സുഗന് സുഗന്ധി രക്തം എന്നെല്ലാം പറഞ്ഞു വസ്തുക്കളെ നിർദ്ധാരണം ചെയ്യുന്നു മറ്റൊരിടത്തും തന്നെ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നുണ്ട് ആ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നത് ഇവിടെ മാത്രമേ ഉള്ളു സത്യം ഞാനും അനന്തം അതുകൊണ്ട് ഇതിനെ പറയുന്ന എന്താണ് സ്വരൂപലക്ഷണം എന്ന് പറയുന്നത് തന്നെ തന്നെ നിർദ്ധാരണം ചെയ്യുന്നു അതുകൊണ്ട് അതിന് ഉദാഹരണമായിട്ട് ആണ് ഉത്പലത്തിന്റെ ഉത്പലത്തെ പരാമർശിച്ചത് ഇനി വിശേഷണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന അതിനെക്കുറിച്ച് വരുന്ന ചർച്ചയാണ് നടത്തുവരും